തീർച്ചയായും നിങ്ങളിൽ നിന്നു തന്നെ ഒരു ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു നിങ്ങളനുഭവിക്കുന്ന പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അങ്ങേയറ്റം ദുഃഖകരമാണ് അദ്ദേഹം നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താൽപ്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് ദയയുള്ളവനും കരുണാനിധിയുമാണ്